വും പൗരത്യവും ഇല്ലല്ലോ ഈ അർത്ഥത്തിൽ മറ്റേ അതുകൊണ്ട് നാം എത്രത്തോളം ദൃക്കിൽ അമർന്ന് അത് മാത്രമാകുന്നുവോ ദൃശ്യങ്ങളുടെ ശാഖാൻവിതങ്ങളായ അറിവുകളെ ധ്യാനാത്മകമായി ലയിപ്പിക്കുന്നുവോ അതറിവ് അത് മനോഹരമായി പറയുന്ന തത്വചിന്തയിലെ അത്യന്ത ഭാസുരമായ ഒരു സ്വോപ്രകൃതിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള നാരായണ ഗുരുദേവന്റെ ദൈവദശകം ദൈവദശകം പഠിക്കാൻ പോകുന്ന നിലയ്ക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ദൈവദശക കർത്താവിനെ കുറിച്ച് അല്പം സ്മരിച്ചിട്ട് പോകുന്നതാണ് മര്യാദ ശാസ്ത്ര മര്യാദ അദ്ദേഹം എഴുതിയ ശാസ്ത്രത്തിൻ്റെ ആഗരമായ ഭാരതീയ ദർശനത്തെ സ്മരിക്കുക അതിൻ്റെ രീതി വിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടത് പഠിക്കുക ആ രീതിവിധാനത്തിൽ പ്രഖ്യാതനായ ഗുരുദേവനെ ഒരു നിമിഷം സ്മരിക്കുക നാരായണ ഗുരു നിങ്ങൾക്ക് പലതുമാണ് അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം സമുദായ സ്നേഹിയാണ് അദ്ദേഹം നല്ല ഒരു ഈഴവനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പലതരത്തിൽ പറഞ്ഞേക്കാം ഞാൻ പരിചയപ്പെട്ട ഗുരുദേവൻ ഇതൊന്നുമല്ല അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്തു പറഞ്ഞു കാരണം ജാതിയും മതവും ഒക്കെയുള്ള മനുഷ്യന് അദ്ദേഹം ഇതൊക്കെ ആവാം അദ്ദേഹത്തിന് അദ്ദേഹം ഇതൊന്നും ആയിരുന്നില്ല സനാതന ഭാരതം കണ്ട അത്യുജ്വലനായ കവി ഭാരതീയ ദർശനത്തിൽ നിന്ന് അണുവിട ചലിക്കാതെ ആ ദർശനത്തെ ആധുനിക ഭാരതത്തിന് നൽകിയ ആളും പാരമ്പര്യ തീമകളെ ഒരിക്കലും ലംഘിക്കാൻ തയ്യാറാകാത്ത യാഥാർത്ഥ്യനുമായിരുന്നു ഗുരുദേവൻ എന്റെ അറിവ് ഈ കൃതിയിൽ ഉൾപ്പെടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ശങ്കരമതം തന്നെയാണ് പലയിടത്തും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ശങ്കരന്റെ ദർശനമാണ് നമ്മുടെ ദർശനം അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് വായിക്കാം ഈ ശങ്കരന്റെ ദർശനമാണ് തന്റെ ദർശനമെന്ന് അദ്ദേഹം പറയുമ്പോൾ ജനങ്ങൾ അറിഞ്ഞ ശങ്കര ദർശനം എന്നേ ആ ദർശനം ശങ്കരന്റെയും വേദാന്ത ദർശനമാണ് തന്റെ ദർശനം അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഗുരുദേവൻ എങ്കിൽ വഴക്ക് കുറെ മാറുമായിരുന്നില്ലേ ഇല്ല വഴക്ക് ശങ്കരനെ പിൻപറ്റിയാണ് വേദാന്ത ദർശനത്തെ പിൻപറ്റിയല്ല ആ വഴക്ക് അവസാനിക്കാൻ ശങ്കരന്റെ ദർശനത്തിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിയ ഒരു തലമുറയോട് ഒരിക്കലും യോജിക്കാതിരിക്കുകയും അതിനെ ശരിയായ ദിശയിൽ ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദിമ ശങ്കരൻ വിശേഷിപ്പിക്കുന്ന ശങ്കരന്റെ ദർശനത്തെ അവതരിപ്പിച്ച ആധുനിക ശങ്കരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരുദേവൻ കാർക്കശ്യമില്ലാത്ത ലളിതമായ ഭാഷയിൽ ശങ്കരന്റെ മാതിരി സംസ്കൃതത്തിൽ ശങ്കരന്റെ ഭാഷയ്ക്ക് സമമായൊരു ഭാഷ വരെ ഇല്ല എന്ത് നിങ്ങൾ എതിർത്താലും അതുപോലെ അവക്രമായ ഒരു മലയാള ഭാഷയിൽ ആ ദർശനത്തെ ജനതയ്ക്ക് കൊടുത്തു അനേകം കൃതികളിലൂടെ അതിലെ എന്നും നിത്യവും നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു കൃതി ദൈവദശകം അദ്ദേഹത്തിന്റെ ധ്യാനാത്മകമായ കൃതി ആത്മോപദേശ ശതകം അതിൽ ഞാൻ പറഞ്ഞതാണ് തുടങ്ങുന്നത് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം അറിവും അറിഞ്ഞിടുമർഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ് മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അം മഹത്താമറിവിലമർന്ന് അതു മാത്രമായിടേണം ഞാൻ ഉപോദ്ധത്തിൽ പറഞ്ഞതെല്ലാം ഈ ശ്ലോകത്തിലുണ്ടെന്നാണ് അറിവും അറിഞ്ഞിടും അറിവും അറിവും കേവലമായ അറിഞ്ഞിടും അർത്ഥം എന്തിനെ അറിയുന്നുവോ ആ അറിവും അറിയപ്പെടുക എന്ന യാഥാർത്ഥ്യവും മൂന്നും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അറിയുന്നവൻ അറിയപ്പെടുന്നതിനേക്കാൾ ഒട്ടും മുകളിലല്ല അറിയുക എന്ന പ്രക്രിയ രണ്ടിൽ നിന്ന് മുട്ടും താഴെയുമല്ല ഉണ്ടെങ്കിൽ മൂന്നും ഒന്ന് തന്നെ ഇല്ലെങ്കിൽ മൂന്നുമില്ല അതിന് പകരം നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ അറിയുന്നവൻ മറ്റതിനേക്കാളെല്ലാം പ്രധാനമാണെന്ന് ഈഷദ് ഭംഗിയിൽ പഠിച്ചേക്കാം അതൊരു രസത്തിന് പറയുന്നു എന്നുള്ളത് കൂടുതൽ ഞാൻ പറഞ്ഞാലും എടുക്കണ്ട അറിയുന്നവനെന്നൊരുത്തൻ മാത്രമായി ലോകത്തില്ല അറിയുന്നവനിലാണ് മറ്റ് രണ്ടും ഇരിക്കുന്നതെന്നുള്ളത് കൊണ്ട് അറിയുന്നവനോളം പ്രാധാന്യം തന്നെ മറ്റേ രണ്ടിനും അറിയുന്നവനെന്നൊരു പദമുപയോഗിക്കണമെങ്കിൽ അറിവും അറിയാനുള്ള വസ്തുവുമുണ്ടെങ്കിലേ അറിയുന്നവനെന്നൊരു പദം തന്നെ ഉള്ളൂ കാർഹിക മര്യാദകൾ ശരിയാണെങ്കിൽ ഇത് മൂന്നും ചേർത്തേ പഠിക്കാവൂ ഒന്നു മാത്രമായില്ല ആ മൂന്നും അറിവും അറിഞ്ഞിടും അർത്ഥവും പുമൻ തന്നറിവും ഒരാദിമഹസ് മാത്രമാകും ധ്യാനാത്മകമായി നിങ്ങൾ നിങ്ങളുടെ സൈഗോട്ടിലേക്ക് അവിടെ രൂപാന്തരം പ്രാപിച്ച അറിവിനെ ധ്യാനാത്മകമായി കണ്ടറിയാൻ കഴിഞ്ഞാൽ വിലീനമായൊരു ചിക്ഷത്തി ഊർജപ്രസരം പോലെ തുടിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും ആ ധ്യാനാത്മകതയിൽ അറിയുന്ന അറിവും അറിഞ്ഞിട്ടും അർത്ഥവും കുമാൻ തൻ അറിവും മഹത്താണ് വിരളത വിട്ടു വിളങ്ങും അറിവിലമർന്ന് അത് മാത്രമാകണം ഇവരൊന്നും വേണ്ട നിൽക്കും അതിനെന്ത് ചെയ്യണം അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ആ അറിവിലും അതിന് മുകളിൽ അറിയുന്നവൻ്റെ ശരീരത്തിലും കരണേന്ദ്രിയ കലേപരങ്ങളിലും ഉരുവിലും ുംജ്ഞം എന്ന് ജ്വ പലരും പലതരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ പേരും പറഞ്ഞതേ ഉള്ളൂ ഏതാ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാമെന്ന് എനിക്കറിയില്ലാത്തോ ഇതൊക്കെ പറഞ്ഞും ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഈ പണിക്കൊന്നും പോകാതിരിക്കുകയാണെന്നല്ലെന്നും ശങ്കരൻ അവസ്ഥാത്രയെ സക്ഷി എന്ന് വിളിക്കും സത്യാൻഷി എന്ന് പറയും പൂവർ എന്ന് പറയും നിഷ്ഠയതാണോ അതൊക്കെ സ്വീകരിക്കാം ഏത് സ്വീകരിച്ചാലും വിരോധമൊന്നുമില്ല ഏതാണ്ട് ഒരാശയം കിട്ടും അതുകൊണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും ഞാൻ പറഞ്ഞു അല്ലെന്ന് ചോദിച്ചാൽ ആണെന്നും അനിരൂപ ചെറിയത അതാണ് അതിന്റെ കറക്റ്റ് ഫോൺ പറഞ്ഞതൊന്നും അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ നീ പറയാൻ പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ലെന്ന് എനിക്കറും പറയുന്നതിലൂടെ പറയാത്ത കാണിച്ചു കൊടുക്കുന്നതായി പണി അത് കിട്ടുന്നവർക്ക് മീമാംസ അറിയും പറഞ്ഞതൊന്നും അല്ല ഇത് കാണാം അതുകൊണ്ട് നാളെ ഇറങ്ങി നാരായണഗുരു പറഞ്ഞു സ്വാമി നിർമ്മലാനന്ദഗിരി പറഞ്ഞു ഇവരൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇവർ പറഞ്ഞതൊക്കെ പറയാവുന്ന സാധനത്തെ പറയാൻ മേലാത്ത തോന്നിപ്പിക്കാൻ മനസ്സിലായില്ല പറയുന്നത് കേൾക്കുമ്പോൾ പറയാൻ പറ്റാത്തതിനെ നിങ്ങൾക്ക് തോന്നി കിട്ടിയെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഗുരുകാരുണ്യം ഉണ്ട് ഞങ്ങളുടെ കാരുണ്യം മോചമാണെന്ന് കൂട്ടിയാൽ മതി നിങ്ങളുടെ മനസ്സിലായില്ല അതും പിടികൂടിയില്ല അപ്പൊ അതുകൊണ്ട് ആ അണ് അല്ലെങ്കിൽ അവസ്ഥ കൂടത്തൻ വേറൊരു പേരും കൂടത്തൻ കള്ളസാക്ഷി കൂടം എന്ന് പറഞ്ഞാൽ കള്ളം കൂടത്തെന്നു പറഞ്ഞ കള്ളത്തരത്തിൽ സ്ഥാനം ബാക്കിയുള്ളവർ ആരും അറിയാതെ ഒളിച്ചകത്തിരിക്കുന്നവൻ ജാഗ്രസ്വപ്ന സുശുദ്ധികളിലൊക്കെ ലോകമറിയാതെ ഒളിഞ്ഞിരിക്കുന്ന സാക്ഷി അവൻ അവനെ അറിഞ്ഞാൽ രക്ഷപ്പെടും അതിനെന്താ ചെയ്യണ്ടേ കരുവിനെ ആ കരുവിനെ അറിയാൻ എന്ത് ചെയ്യണം കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി സ്വയംഭുരോട് പേരൊന്നുമില്ല ഒരുപാട് പേർക്കൊന്നും പറ്റൂല്ലേ പണി ഒരു ആ കരുവിനെ അറിയാൻ എന്താ വൈവം കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുക അതിനാപ്പുതന്നെ ഗുരുദേവൻ പറയും ഒളി മുതൽ അമ്പഴം അഞ്ചും ഉണ്ട് ുംകം വിളങ്ങന വീണുകിടക്കുന്ന കവിതാ സന്ദർഭമാണ് കവിത മനസ്സിലാവുമെങ്കിൽ നിങ്ങളുടെ അന്തരംഗത്തിൽ കവിതയ്ക്ക് ബാല്യം ഉണ്ടെങ്കിൽ നല്ല ടീലെല്ലാം കാണുന്നവരാണ് രക്ഷകോടിയല്ല കാരണം അവിടെ കവിതയ്ക്ക് ഇടം ഉണ്ടാവില്ല സോ അവിടെ ഒളി മുതലമ്പഴം അഞ്ചും ഉണ്ട് നാറുന്നേറി ശബ്ദം സ്പർശം രൂപം രസം ഗന്ധമെന്ന അഞ്ചു വിഷയങ്ങളെയും ഉണ്ട് തിന്ന് അച്ഛ മലയാളത്തിലായിരിക്കുന്ന ഒളി മുതലായ ഒളി ശബ്ദം ശബ്ദം മുതലായ അഞ്ചു വിഷയങ്ങളും തിന്ന് ശരീരത്തിൽ നളികയിൽ നയന മാറിയാടുന്ന ഇന്ദ്രിയങ്ങളിളികളെ അരിഞ്ഞു കീഴ്മറിക്കുക അതാണ് സൂപ്പർ ഈ കിളി പുറത്തോട്ട് നോക്കിയിരിക്കുക ഉള്ള പഴമൊക്കെ കൊത്തി അരിഞ്ഞു കീഴെ മറിച്ചു അകത്തോട്ടായി നോട്ടോ അങ്ങനെയുള്ള തിരു ണം അപ്പോഴേ ഇത് കാണാൻ പറ്റൂ അതിന് ഒടിയിൽ അദ്ദേഹം പറയും ഉണരരുത് അതാ വഴി അന്യരുത് ഉണരരുത് ഉറങ്ങിടാതിരുന്നീടണം ആഗ്രഹമരുത് ജാഗ്രസ്വപ്നങ്ങളൊക്കെ അന്യഥാഗ്രഹണമാണ് അത് നിർത്തണം ഉണരരു ഈ സമാധിയിലും ജന്മദിനത്തിലൊക്കെ വായിച്ചാൽ കേരളത്തിലെ ഏതെങ്കിലും നമ്പൂരിക്കോ നായർക്കോ ഈഴവനോ മനസ്സിലാവും പിന്നെ എന്തിനാ ഇവന്മാര് ഈ ഗുരുദേവനെയും പൊക്കിക്കൊണ്ട് കടക്കണം മനസ്സിലായില്ലേ ഇത് വായിക്കാനുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ പുറത്ത് ജനിക്കണം തന്ത്ണം മനസ്സിലായോന്നറിയില്ല ഉണരൂ ഇനി ഉറങ്ങിടാതിരുന്നീടണം അതിരിപ്പിനൊരു പ്രത്യേകതയുണ്ട് അറിവായി അറിവായി അറിവായിട്ടിരിക്കണം ഇതിന് ഇന്ന് അയോഗ്യനെന്നാൽ പറ്റുകയല്ലെങ്കിൽ വേറൊരു പണി പറഞ്ഞു പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം ഇതറിയാൻ പറ്റാത്ത ഇതിന് അയോഗ്യനെന്നാൽ പ്രണവമുണരുക ജാഗ്രികളെ ഉല്ലംഘിക്കുക പ്രണവ സത്യവാചകഹാ പതഞ്ജലി പ്രണവമുണർന്ന് ഞാൻ അടുത്ത കാലത്തൊരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത് നാരായണ ഗുരു പിറപ്പൊഴിഞ്ഞവരെ പൂജിക്കാൻ പറഞ്ഞിട്ടുണ്ട് വന്ധ്യംകരണ ശസ്ത്രക്രിയ കഴിഞ്ഞവരെ പൂജിക്കാൻ പറഞ്ഞു എന്നാ അതുകൊണ്ട് ഫാമിലി പ്ലാനിങ്ങിന് ഗുരുദേവൻ അനുകൂലമായിരുന്നു എന്നും മറ്റും അടിച്ചു കയറ്റിയത് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ പ്രണവമുണരുമ്പോൾ ജനിമരണങ്ങൾ അച്ചുപോകും ആഗ്രഹവും അന്യതാഗ്രഹണോ ഇല്ലാത്തതുകൊണ്ട് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം ദുർഭം ത്രയമേതേതു നാരദൻ ഇനിയും വേണോ നാരായണ ഗുരുവിന്റെ പരമ്പര തെളിയിക്കാൻ അല്ലെ ഡി എൻ എ ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടവർ ചെയ്യുക അല്ലെ നാരായണ ഗുരു ഏത് പരമ്പരയിലാണെന്ന് ഇനിയും സംശയമുണ്ടോ മുഖ്യതസ്തു മഹത്കൃപേവ ഈശ്വരകൃപാലേ ഭക്തിസൂത്രം നാരദൻ വായിച്ചിട്ടില്ല നാരദ ഭക്തിസൂത്രം മുഖ്യമായി വേണ്ടത് മഹത്കൃപയാണ് അത് തന്നെ ഈശ്വരകൃപ മഹത്വം ഈശ്വരനുമായിട്ട് വേറെ ഇല്ല മഹത്കൃപ കിട്ടിയ ഈശ്വരകൃപ അതൊന്ന് കിട്ടണം തനിക്ക് കിട്ടിയ കഥയോർത്തുകൊണ്ടാണ് നാരദൻ അടിക്കുന്നത് ശങ്കരൻ പറയും ദുർലഭം ത്രയമേത മൂന്നെണ്ണം വളരെ ദുർലഭമാണ് അത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യത്വം മനനം ചെയ്യാൻ കഴിവുള്ളവനായി തീരുക ഈ വയറിന്റെ അടി രണ്ട് കാര്യമായിട്ട് നടക്കുന്നതൊന്നും മനുഷ്യനല്ല അത് കൂടുതലുണ്ട് മനനം ചെയ്യാൻ കഴിയണം മനനം ചെയ്യാത്തവൻ എന്ത് മനുഷ്യൻ അതാണ് മനുഷ്യത്വം മോചനത്തിന് ആഗ്രഹമില്ലാത്തവൻ ബന്ധത്തിൽ കിടന്നുടലുന്നവൻ അവൻ എന്ത് മനുഷ്യൻ മഹാപുരുഷ സംശയ മഹാപുരുഷന്മാരെ ആശ്രയിക്കുക ഇത് മൂന്നും മഹാപുരുഷന്മാരെ ആശ്രയിച്ചാല് ഇത് രണ്ടും ചെയ്താൽ ആയുസ് വിദ്യ യശസ് ബലം നാലും പോയി കിട്ടുമെന്നാണ് അതുകൊണ്ട് മഹാപുരുഷ സംശ്രയത്വം ഇതൊക്കെ പൂർവന്മാര് പറഞ്ഞതാണ് ഗീത അർജുനോട് തന്നെ പറഞ്ഞു തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്ന ഉപദേശ്യന്തി അതും വളരെ അള്ളത ആളുകൾ കേൾ കിട്ടുള്ളൂ മനുഷ്യണം ആയിരത്തിൽ ഒരുവൻ വൈകി ഒരുപാട് പേര് പോവാം പക്ഷേ പക്ഷേ ഏതോരുത്തൻ പൂർവ പൂർവ പുണ്യം കൊണ്ട് പരിഭാവം കൊണ്ട് ആ ഹിന്തയുള്ള നാരായണു അനേകം കൃതികൾ ധ്യാനാത്മകതയുള്ളൊരു കൃതി ഞാൻ സൂചിപ്പിച്ചു എന്നേ ആദ്യം ധ്യാനമായി പഠിക്കേണ്ടതാണ് ദർശനമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൃതി അതിലാണ് അദ്ദേഹം ഭാരതീയ തത്വചിന്തയെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവങ്ങളിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്തോത്രകൃതികൾ അനേകങ്ങളാണ് സുബ്രഹ്മണ്യനെക്കുറിച്ച് ശിവനെക്കുറിച്ച് ശിവശതകം ശിവശതകമൊക്കെ നല്ല മലയതിലുണ്ട് മൂന്ന് പാമ്പും ഒക്കെ ഇരിക്കുന്ന ആ ഗാർഹത്യധർമ്മത്തിൻ്റെ ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികൾ അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ അഷ്ടകം മുതലായ കൃതികൾ കാരണം കേൾവിയിൽ വളരെ ലളിതമാണ് ചേറ്റവും ലളിത പദങ്ങളിൽ ഇത്രയും ആശയങ്ങൾ ഉണ്ടാവുക വായിച്ചു നോക്കിയാലേ മനസ്സിലാവും തുടങ്ങാം പത്ത് ശ്ലോകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാനുള്ളത് നിത്യവും ചൊല്ലുവാൻ ഗുരുദേവന്റെ ആരാധകർക്ക് വേണ്ടി ശിഷ്യന്മാർക്കു വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി അദ്ദേഹം കുറിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ പറയുന്നത് ഉചിതവുമാണ് പ്രാർത്ഥന നമ്മുടെ ഈതിബാധകളെല്ലാം അകച്ചു നാമത്തിന്റെ മഹാത്മതാണെന്ന് പൂർവ്വ ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം സഖ്യം ആത്മ നിവേദനം ഭക്തിയുടെ വഴികൾ അതില് ശ്രവണം കഴിഞ്ഞ് ധാരാളം ശ്രവണം ചെയ്തതാണ് മനസ്സ് അതുകൊണ്ട് ശാന്തിപാഠത്തിൽ തന്നെ പറയും സ്വസ്ഥിനെ കേട്ടു വാർദ്ധക്യം വന്നവനാണ് ഈ മനസ് ഇന്ദ്രൻ ആ മനസ്സിന്റെ തലങ്ങളെ വച്ച് അപകൃ നോക്കിയാൽ അറിയാം യഥാവിധിയുള്ള ശ്രവണം കൊണ്ട് പ്രതിബന്ധങ്ങളൊക്കെ പോകും പ്രതിബന്ധങ്ങൾ അറ്റുപോയാൽ മാത്രമേ വോക്സോഭായം തെളിഞ്ഞു വരികയുമുള്ളൂ ഇവിടെ അതിനുള്ള അടുത്ത പടവ് കീർത്തിക്കുവാൻ കഴിയുക ശ്രവണം ചെയ്ത് വിഷയാകാരമായി ജഗത്ത് നഷ്ടമായി കഴിഞ്ഞ് യാതൊരു ബോധമാണോ ഉള്ളത് അതിനെ ജഗതാകാരേണ കീർത്തിക്കുവാൻ കഴിയുക നമ്മളിന്ന് ചടങ്ങിന് മറ്റുള്ളവർ കീർത്തിച്ചത് ഉള്ളിലൊന്നും തട്ടാതെ പുറമെ കീർത്തിക്കുന്ന ഒരു പ്രക്രിയക്കാണ് നാമജപം എന്നൊക്കെ പറയുന്നത് അങ്ങനല്ലേ അത് ഉള്ളിലൊന്നും തട്ടാൻ നമ്മൾ വിടാറില്ല അതിന്റെ മാഹാത്മ്യം അറിയണമെങ്കിൽ അകത്തുനിന്ന് വരണം ആ കീർത്തനീയമായ ഒരു സ്തോത്രം അതാ നമുക്ക് പഠിക്കാനുള്ളത് അത് കീർത്തിച്ചാൽ മോക്ഷോപായത്തിലെത്തുകയും ചെയ്യും ഇനി നമുക്ക് കീർത്തനം നോക്കാം ചൊല്ലാം എന്താ ോണി നിൻപദം പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ദിവ ധാതുവിൽ നിന്ന് ഉണ്ടാകുന്ന പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ദിവധാതുവിൽ നിന്നുളവാകുന്ന ദൈവശബ്ദത്തെ ഉച്ചരിച്ചു പ്രകാശം എപ്പോൾ വരെ എന്നുവരെ ദൈവ കൃപ എനിക്കുണ്ടാകുന്നുവോ അന്നുവരെ മാത്രമേ ആനന്ദം ഉണ്ടാവൂ അറിവുണ്ടാവൂ ഉണ്മയും ഉണ്ടാവൂ ഞാനും ലോകവും ദൈവത്തിൽ ആവിർഭവിച്ച് ദൈവത്തിൽ നിലനിന്ന് ദൈവത്തിൽ വിലയാൻ പ്രാപിക്കുന്നതാണ് അതിന് വെളിയിലൊരു ിലിരിക്കില്ല ഇത് പഴയ പഠിപ്പ് എന്നുവരെ ഈ ബോധം എനിക്കുണ്ടോ അന്നുവരള്ളു അതുകൊണ്ട് എന്നെ കാക്കുന്നവനെല്ലായ്പ്പോഴും നീയാണ് എൻ്റെ അറിവുകളെല്ലാം നിന്നിലേക്കുള്ള എൻ്റെ തപസിൻ്റെതാണ് ഭാരതീയർ വിദ്യാഭ്യാസം തപസ്സിന്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പഠിച്ചെടുക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂടെ ഒരുപാട് കാലം പഠിച്ചവരുണ്ട് തിരിച്ചുപോയ പുസ്തകം ഏതെങ്കിലും ആ പഠിച്ച അറിവിലേതെങ്കിലും സ്വമേധയാ പുറത്തേക്ക് എത്തുന്നവർ അത്രയുണ്ടാവും ചോദ്യം മനസ്സിലായില്ല ഞാൻ പതിനഞ്ച് കൊല്ലം പത്തു കൊല്ലം പത്താം ക്ലാസ് വരെയും രണ്ട് കൊല്ലം എൽ കെ ജിയും യു കെ ജിയും ചേർന്ന് മൂന്ന് കൊല്ലം പിന്നൊരു രണ്ട് കൊല്ലം പ്രീ പിന്നെ ഒരു മൂന്ന് കൊല്ലം ഡിഗ്രിയും പിന്നെ ഒരു രണ്ട് കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷനും പിന്നൊരു നാലഞ്ച് കൊല്ലം പി എച്ച് ഡിക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം ചിലവാക്കി പഠിച്ച് മാസ്റ്ററായി ഡോക്ടറേറ്റും വാങ്ങിയിരിക്കുന്നവൻ അവൻ പഠിച്ച ആദ്യകാലം മുതൽ അവസാനം വരെ ഉരുവിട്ട് പഠിച്ചതിൽ എത്രത്തോളം അവന് സ്വമേധയാ മറ്റൊരാളോട് റെഫറൻസും നോട്ടുകളും കയ്യിലില്ലാതെ പറയാൻ കഴിയും ഒരു കുട്ടിയെ അവൻ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ നോട്ട് തയ്യാറാക്കി അന്നേരത്തേക്ക് പോയി പഠിപ്പിച്ച് പതിനഞ്ച് കൊല്ലത്തെ അധ്യാപക പരിചയം കഴിഞ്ഞ് പതിനാറാമത്തെ കൊല്ലം അതേ പുസ്തകം പിന്നെയും അടുത്ത ദിവസം രാവിലെ പഠിപ്പിക്കാൻ നേരത്തൊന്നും അറിച്ചു നോക്കിയിട്ട് പോയില്ലെങ്കിൽ ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ ആദ്യമായൊരുത്തൻ മറിച്ച് നോക്കി അതിന്റെ ഗൈഡ് വെച്ച് പരിശോധിച്ചാലും ഈ ഇരുപത്തഞ്ചു കൊല്ലവും ഇരുപത്തഞ്ചു കൊല്ലത്തെ പരിചയവും കളയാതെ ഇത്രയും പറയാമെങ്കിൽ എന്തിനാ ഈ കൊല്ലം എന്നെ നിനക്ക് തീരെ എനിക്ക് തോന്നുന്നില്ല ചോദ്യം മനസ്സിലായില്ല അമ്പത് കൊല്ലത്തെ പ്രയോഗപരിചയമുള്ളൊരു വൈദ്യനും ഡോക്ടറും അഞ്ചു മാസം മുമ്പ് അപ്പോയിന്റ് ചെയ്ത മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ ചുണ്ടിൽ നിന്നാണ് മരുന്നെഴുതാൻ പോകുന്നതെങ്കിൽ എന്തിനീ പണിക്ക് പോയി എന്റെ ചോദ്യം അധിക പ്രസംഗമാണ് ന്യായമാണെങ്കിൽ സ്വീകരിച്ചാൽ മതി ന്യായമാണെങ്കിൽ മാത്രം അന്യായം വല്ലതും പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ ചൂല്യതല്ലോ ഭാരതീയർ അറിവ് തപസ്സിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നു അറിവ് ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു അറിവിന് തന്നെയാണ് ദൈവമെന്ന് പേരുള്ളതെന്ന് അവർ വിശ്വസിക്കുന്നു അറിവ് ആനന്ദമാണെന്നും അവർ വിശ്വസിക്കുന്നു അറിവിന് ആഡംബരങ്ങളില്ലെന്ന് അവർ ഉറച്ചു പറയുന്നു അറിവ് ജാതിഭേദങ്ങളും മതദ്വേഷങ്ങളും ഉള്ളതല്ലെന്ന് അവർ പഠിപ്പിക്കുന്നു അറിവിന് ധനം വേണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഇതുവരെ വിശ്വസിക്കുന്നതിനെല്ലാം വിരുദ്ധമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അറിവില്ലാത്ത പത്തു കൂടിയാൽ അറിവാവുകയില്ലെന്നും